യോഹനാൻ എഴുതിയ സുവിശേഷം യോഹനാൻ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചു പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മടഞ്ഞു അവന്റെ തലയിൽ വെച്ച് ധൂമ്രവസ്ത്രം അവന്റെ അടുക്കൽ ചെന്നു യഹോദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു അവനെ കന്നത്തടിച്ചു പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിനു അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ യേശു മുൾ കിരീടവും ധൂമ്ര പീലാത്തോസ് അവരോട് ഈ ഇതാ എന്ന് പറഞ്ഞു മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തുവിളിച്ചു പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ ന്യാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു യഹോദന്മാർ അവനോട് ഞങ്ങൾക്കൊരു ന്യായ പ്രമാണമുണ്ട് അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്നുരം പറഞ്ഞു ഈ വാക്ക് കേറിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു പിന്നെയും ആ സ്ഥാനത്തിൽ ചെന്ന് നീയവിടെ നിന്നു ആകുന്നുവെന്ന് യേശുവിനോട് ചോദിച്ചു യേശു ഉത്തരം പറഞ്ഞില്ല പീലാത്തോസ് അവനോട് നീ എന്നോട് സംസാരിക്കുന്നില്ലയോ എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വീട്ടായപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട് മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്കൊരധികാരവും ഉണ്ടാകയില്ലായിരുന്നു അതുകൊണ്ട് എന്നെ നിന്റെ പകലേൽപ്പിച്ചവനും അധികം പാവമുണ്ട് ഉത്തരം പറഞ്ഞു ഇതുനിമിത്തം ഫിലാത്തോസ് അവനെ വീട്ടയപ്പാൻ ശ്രമിച്ചു യഹൂദന്മാരോ നീ ഇവനെ വിട്ടയച്ചാൽ ക്രൈസരുടെ സ്നേഹിതനല്ല തന്നെ താൻ രാജാവ് എല്ലാം കൈസറോട് മത്സരിക്കുന്നുവല്ലോ എന്നു ആർത്തു പറഞ്ഞു ഈ വാക്ക് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു കൽട്ടളമെന്നും എബ്രായഫാഷയിൽ വ്യബഥ എന്നുപേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു അപ്പോൾ പെസായുടെ ഒരുക്കനാൾ ഏകദേശം ആറാം മണി നേരമായിരുന്നു അവൻ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവെന്ന് പറഞ്ഞു അവരോ കൊന്നുകള കൊന്നുകള അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു അതിന് മഹാപുരോഹിതന്മാർ ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അവൻ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചുകൊടുത്തു അവ യേശുവിനെ കൈയേറ്റു അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് യബ്രായ ഭാഷയിൽ ഗൊൽഗോദ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ അവനെയും അവനോടുകൂടെ വേറെ രണ്ടാളുകളെയും ഒരുത്തിനെ അപ്പുറത്തും ഒരുത്തിനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു പീലാത്തോസ് ഒരു മേലെടുത്ത് എഴുതി ക്രൂശിമേൽ പതിപ്പിച്ചു അതിൽ നസ്രായനായ യേശു യഹൂദൻമാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിനു സമീപമാകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെടുത്ത് വായിച്ചു അതു എബ്രായ റോമ യവന ഭാഷകളിൽ എഴുതിയിരുന്നു ആകെ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട് യഹൂദന്മാരുടെ രാജാവ് എന്നല്ല ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു എന്നത്ര എഴുതേണ്ടത് പറഞ്ഞു അതിന് പീലാത്തോസ് ഞാൻ എഴുതി എന്ന് ഉത്തരം പറഞ്ഞു പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രമെടുത്തു ഓരോ പടയാളിക്കു ഓരോ പങ്കായിട്ട് നാല് പങ്കാക്കി അങ്കിയെടുത്തു അങ്കിയോ തുനയില്ലാതെ മേൽതോട്ട് അടിയോളം മുഴുവനും നെയ്തായിരുന്നു ഇത് കീറരുത് ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്നു അവർ തമ്മിൽ പറഞ്ഞു എന്റെ വസ്ത്രവും പകത്തെടുത്തു എന്റെ അങ്കയ്ക്കായി എന്നുള്ള തിരുവെഴുത്തിനു ഇതിനാൽ നിവൃത്തി വന്നു പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു യേശുവിന്റെ ക്രൂശിനരിയെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയേയും മക്ജലക്കാരി മറിയേയും നിന്നിരുന്നു യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനിന്ന് നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇരാനിന്റെ മകൻ എന്നു അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇരാനിന്റെ അമ്മ എന്നും പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു അതിന് ശേഷം സകലവും തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് തിരുവടുത്തി നിവൃത്തിയാകും വണ്ണം എനിക്ക് എന്ന് പറഞ്ഞു അവിടെ പുളിച്ച വീഞ്ഞു നിറഞ്ഞൊരു പാത്രം വച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരു പുളിച്ച് വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോട് അടുപ്പിച്ചു യേശു പുളിച്ച് വീഴു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തലച്ചായ്ച്ചു ആത്മാവിനെ കൊടുത്തു അന്ന് ഒരുക്കുന്നാളും ആ ശപത്തിനാൾ വലിയതും ആകുകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പിതാത്തോസനോടേക്ഷിച്ചു ആകയാൽ പടയാളികൾ വന്നൊന്നാമത്തവന്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാൽ ഒടിച്ചു അവർ യേശുവിന്റെ അടുക്കൾ വന്നു അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാൽ ഒടിച്ചില്ല എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു അവന്റെ സാക്ഷ്യം സത്യവാകുന്നു നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്നു അവൻ അറിയുന്നു അവന്റെ ഓരോ അസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു അവർ കുത്തിയവങ്കിലേക്ക് നോക്കും എന്ന് മറ്റൊരു തിരുവഴുത്തും പറയുന്നു അനന്ത യഹൂതന്മാരെ പീഴടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസഫ് യേശുവിന്റെ ശരീരമെടുത്തു കൊണ്ടുപോകുവാൻ പീലാത്തോസനോട് അനുവാദം ചോദിച്ചു പീലാത്തോസ് അനുവദിക്കിയാൽ അവൻ വന്ന് അവന്റെ ശരീരമെടുത്തു ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൾ വന്ന ഏകദേശം നൂറു രാത്രി മൂറും അഗിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു അവർ യേശുവിന്റെ ശരീരമെടുത്തു യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദപ്രകാരം അതിനെ സുഗന്ധവർഗ്ഗത്തോടുകൂടെ ശീലയിൽ പൊതിഞ്ഞുകെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്ത് ഒരു തോട്ടവും ആ തോട്ടത്തിന് മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കലറയും ഉണ്ടായിരുന്നു ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു